പറയുക അള്ളാഹുസുബാനുഹുഅഅഅഅഅഅത്ത അല ഉദ്ദേശിച്ചതല്ലാതെ എനിക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ വരുത്താൻ കഴിയില്ല ഓരോ സമുദായത്തിനും ഒരു നിശ്ചിത സമയമുണ്ട് അവരുടെ സമയം വന്നാൽ അവർക്ക് ഒരു മണിക്കൂർ പോലും അത് വൈകിപ്പിക്കാനോ മുൻകൂട്ടി വരുത്താനോ കഴിയില്ല